അയാൾ അതിന്റെ പോർട്ടലും ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അതിനകത്ത സാധനങ്ങൾ നാപ്പിന്റെ വെബ്സൈറ്റുകൾ അതിൽ നിങ്ങൾക്ക് അംഗവുമാണ് ഞാൻ അയാളുടെ മുഴുവൻ പേരോടൊന്നുമില്ല ജോൺ നാപ്പാണോ ജോസഫ് നാപ്പാണോ എന്ന് തലേ കിട്ടിയില്ല ഈ കിട്ടാത്ത സാധനം ഞാൻ അതിന്റെ ബാക്കിയെ കുറേയുള്ളൂ തെറ്റ് പറഞ്ഞിരുന്നതിനേക്കാൾ ഉത്തമതായതുകൊണ്ടാണ് അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ വെബ്സൈറ്റ് നമ്പറിൽ ഉൾപ്പെടെ അതായിരിക്കുമല്ലോ ഉചിതമായ പദ്ധതി ഒരു തെറ്റ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പോയി അവിടെയെല്ലാം തപ്പിയിട്ട് കിട്ടാതെ വരുമ്പോൾ സ്വാമി ഒരു പടക്ക അടിച്ചിട്ട് പോയി പോലെ ഞങ്ങൾ സ്വാമിമാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഗ്യാസ് ബസ്റ്റൂസിന്റെ ഇതെ എന്ന പുസ്തകത്തിന്റെ എട്ടാം പേജിൽ ഏഴാം കണ്ണികയിൽ നിന്നൊക്കെ പ്രസംഗത്തിനിടെ പറയുന്നവരുമാണ് അതുകൊണ്ട് പറഞ്ഞു തരുമ്പോ അത് കൃത്യമായിരിക്കണം അതുകൊണ്ടാണ് അതുകൊണ്ട് നോക്കിയാൽ നിങ്ങക്ക് കാണാം അപ്പൊ ഈ പൊളിയോ ഉണ്ടാക്കുന്ന അണുബങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ നൂറ്റാണ്ടുകളായി ഉണ്ടാക്കുന്ന മരുന്നുകൾക്ക് അത്ര കൂടിയാണോ അതിൻ്റെ പകുതി മനുഷ്യനെ ശുദ്ധവൃത്തികൾ പഠിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തൃക്കൂണിൻ തറയിൽ ഒരു ദിവസം വാങ്ങുന്ന കൊതുക്തിരിയും കൊതുകിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഗുഡ്നൈറ്റ് പാടുകളും കൊതുകിനെ വീശാനുള്ള ബാറ്റും മനസ്സിലായില്ല പല വീട്ടിൽ ചെല്ലുമ്പോൾ ഇടത്ത് കയ്യിലും വലത്തുകയിലും പാറ്റാണ് ഞാൻ വിചാരിച്ചു ഇവരി വീട്ടു മുറിക്കകത്ത് ബാഡ്മിന്റൺ അതിന്റെ ബാറ്റിനേക്കാൾ കുറച്ചുകൂടെ മറ്റു ചെറുതാണ് ആ ടെന്നീസ് കളിക്കുകയാണെന്ന് അറിയിച്ചു ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും പാറ്റും പിടിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ദോശ ചുടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഷീന്ന് കേൾക്കുന്നത് എത്രയായിരം ജീവജാലങ്ങൾ ആ ബാറ്റിൽ തട്ടി കരിഞ്ഞു പോകുമ്പോൾ ആ കരിഞ്ഞു പോകുന്ന ജീവി കരിയുന്ന ഒരു മൊമന്റിൽ അയാളുടെ കോശ കോശാന്തരങ്ങളിൽ എന്തൊരറിവാണ് അയാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ തനിക്കും അവകാശമുണ്ടെന്ന് പറയുന്ന ആ കൊതുകു നാളെ ഇവനെ ഉന്മൂലനം ചെയ്യുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ അതെങ്ങനെ തെറ്റാവും മനസ്സിലായല്ല ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈമുതലായ മനുഷ്യൻ ഹിംസയുടെ ദുരന്ത വിശങ്കയിലേക്ക് വളർന്നു വരുമ്പോൾ അതിന് കഴിവില്ലാത്ത ജീവജാലങ്ങളോടൊപ്പം പ്രകൃതി മനുഷ്യനെ ഒന്നാലെ ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങിയാൽ പ്രകൃതിയെ എങ്ങനെ മനുഷ്യന് തെറ്റുപറയാനാവും അംഗശോധന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കവിത്വത്തിന്റെ ഭാഷകളിലേക്ക് വളരുമെങ്കിൽ ശാസ്ത്രം കവിതയിൽ അവസാനിക്കുമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ ഭാഷയും എന്റെ കളിതവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ രണ്ടായിരം കൊല്ലം മുമ്പ് ജനിക്കണമായിരുന്നു എന്ന് പറയാൻ വലിയ അതിശൂക്തി ഒന്നുമല്ല ഇത്രയും പണം നിങ്ങൾ ചെലവാക്കേണ്ട സത്യത്തിൽ ഹിംസയില്ലാതെ നിങ്ങളുടെ ചുറ്റുവട്ടവും ശുദ്ധിയായി വെക്കാൻ മിതമായ മര്യാദയും അവരി ഉപദ്രവം നിങ്ങൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ ഒരിടത്ത് കൂട്ടിവെച്ച് മര്യാദ മസൃഢമായി പ്രവർത്തിച്ചാൽ ഈ പാടുകൾക്ക് ചെലവഴിക്കുന്ന കാശിന്റെ പകുതി മതിയാവുമായിരിക്കും മനുഷ്യന്റെ ഹിംസാത്മകമായ പ്രവൃത്തികൾ അവനെ തന്നെ ഹിംസിക്കുമാർ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുമ്പോൾ ഗവൺമെന്റുകളെയും ചുറ്റുപാടുകളെയും ആരോഗ്യ പ്രവർത്തകരെയും കുറ്റം പറഞ്ഞുകൊണ്ട് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത നിങ്ങൾക്കില്ലെന്ന് വരുമ്പോൾ ജനജീവിതം ദുസ്സഹമായി തീരുന്നതാണ് രംഗത്ത് നാം കാണുന്നത് ആതുര സംസ്കൃതിയുടെ അവസാന നാളുകളിലേക്ക് മാനവൻ ഇങ്ങനെ മാത്രമാണ് എങ്ങനെയാണ് പദമൂന്തി വളർന്നതെന്ന് അവന്റെ ചുറ്റുപാടും ദർശിച്ചാൽ കാണാം അവന്റെ ഹൃദയം അടുത്ത് നോക്കിയാൽ കാണാം അവന്റെ ഭാഷയും വ്യാകരണവും നോക്കിയാൽ കാണാം അവൻ ഉപയോഗിക്കുന്ന പദങ്ങളിൽ കാണാം അവന്റെ എസ് വ്യക്തമായി കാണാം നിങ്ങളുടെ കുട്ടികൾ പഠിപ്പുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ കയ്യിലിരിക്കുന്ന മൊബൈലിൽ അവൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും അയക്കുന്ന ഓരോ വെബ്സൈറ്റിലും അവൻ്റെ യാതൊരു സംസ്കാരത്തിന്റെ രചനരേഖകളാണ് കാണുന്നത് ശരിയല്ല ഏ ഒരു ആത്മപരിശോധന നോക്കി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിങ്ങൾ അയച്ചിടത്തോളം എസ് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കിയാൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ തലകുലിക്ക് സമ്മതിക്കുന്നു ആരോഗ്യമുള്ള മനുഷ്യൻ പറയാത്ത ആരോഗ്യമുള്ള മനുഷ്യൻ ചിന്തിക്കാത്ത ആരോഗ്യമുള്ള മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നവൻ ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്ത എന്തെന്ത് വാക്കുകൾ നിങ്ങളുടെ കയ്യിൽ ആ പെട്ടിക്കുള്ളിലുണ്ടെന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ ആരോഗ്യവും സംസ്കാരവും തിരിച്ചറിയാം കടന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു കനത്ത നിശബ്ദത എനിക്ക് മനസ്സിലാവും ഒരു സാധനമാണ് ശബ്ദത്തെ ഞാൻ ഭയപ്പെടാറില്ല നിശബ്ദത്തെ ഞാൻ ഭയപ്പെടാറുണ്ട് ഏറ്റ മാറ്റം വരാനാണ് ഞാനീ പറയുന്നത് മാറ്റം അനിവാര്യമാണ് മാറ്റിയില്ലെങ്കിൽ മാറ്റണം അതെ ആ നിസ്സഹായാവസ്ഥ ഉണ്ടാവരുത് നമ്മൾ നമ്മളെ ചെയ്ണം ഒരുപാട് പേർ വേണ്ട ഒരാളെ ജീവിച്ച് കാണിച്ചാൽ മതി അതിൻ്റെ സുലഫിലങ്ങളായ മുഹൂർത്തങ്ങൾ മറ്റുള്ളവൻ മാതൃകയാവുമ്പോൾ അവൻ മാറും മാറിയേ പറ്റൂ ആരോഗ്യമില്ലാത്തവരുടെ നടുക്ക് ആരോഗ്യത്തോടുകൂടി ഒരുവൻ അവൻ്റെ വാക്കും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവൃത്തിയും ആരോഗ്യപൂർവ്വമായി ജീവിക്കുമ്പോൾ എനിക്കും അങ്ങനെ ജീവിക്കണമെന്ന് ഒരുത്തന് തോന്നാൻ ഇനിയും ആ തോന്നലിനുള്ള മാനദണ്ഡങ്ങളായെങ്കിലും കുറെ ആളുകൾ ലോകത്ത് വേണം ഹൗ ഐ ലിവ് വൈ ഐ ലിവ് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം സ്വയം ഉത്തരം പറയാൻ സമർത്ഥനായ അവനെ കാണുമ്പോഴാണ് എനിക്കും അങ്ങനെ ഒന്ന് ജീവിക്കണമെന്ന് തോന്നലുണ്ടാവുക അതില്ലാത്തതിലേക്ക് പോകാനാണ് മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും വ്യവസായങ്ങളും കച്ചവടങ്ങളും ആധ്യാത്മികതയും ഭൗതികതയും എല്ലാം കൈകോർത്തു ഒരു ഉൽപ്പന്ന സംസ്കാരത്തിന്റെയും വിപണന സംസ്കാരത്തിന്റെയും ആളുകളിലൂടെ മാനവനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു തിരിഞ്ഞു നിൽക്കാൻ ആരും പറയാതെയും തിരിഞ്ഞു നിൽക്കാൻ ആരും തയ്യാറാകാതെയും നിശ്ശബ്ദതയിലേക്ക് ആരും പോകാതെയും പ്രചണ്ഡമായ വാഗ്ധോരണികളിലൂടെ മാനവൻ സഞ്ചരിക്കുന്ന അത്രയും ഒരാതൊരു സംസ്കാരത്തിലൂടെ ആവുമ്പോൾ ഒരിക്കലെങ്കിലും ആരോഗ്യ സംസ്കാരത്തെ ചിന്തിക്കാൻ അവന്റെ അന്തർഗതങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ മാറ്റം സുരഭിലമായി ശരി പറയാം അതിലുള്ള വാക്കുകൾ പോലും അയത്ന ലളിതങ്ങളാണ് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്റെ വിശ്വാസം മറ്റതിനൊരുപാട് പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് ആകെ ആരോട് ചോദിക്കുക ആകെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആകെ ഈ ചെറിയ ചെറിയ ജീവജാലങ്ങളെ ഇത്രയും പെരുത്ത മനുഷ്യൻ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യൻ ഇത്രയും സങ്കേതങ്ങൾ വളർന്ന മനുഷ്യൻ ഏറ്റവും പേടിക്കുന്നത് കൊതുകിനെയാവുക മനസ്സിലായി കൊതു പേടിച്ച് മന്ത്രിമാർ കൊതുകുവലയുമായി സഞ്ചരിക്കുക ശരിയല്ല കഴിഞ്ഞ ദിവസം പത്രത്തിൽ അങ്ങനെ കണ്ടുപിടിക്കും അല്ലല്ല പൗത്രത്തെല്ലാം മന്ത്രി കൊതുകുലെയായിട്ട് പോവുക മന്ത്രി ഒരു കൊതുങ്ങുവല വാങ്ങിച്ച് രക്ഷപ്പെട്ടു മന്ത്രി തോലൻ കൊണ്ട് പറഞ്ഞത് മനസ്സിലാക്കി മനസ്സിലായി ഈ ലോകമെല്ലാം തോലിരിക്കാൻ പറ്റില്ല മുന്നേ പറ്റിയാൽ ഒരു ചെരുപ്പ് വാങ്ങിച്ചു നിനക്ക് മുള്ളുകൊള്ളാതിരിക്കാനിടാം അത് മന്ത്രി മനസ്സിലാക്കി മനസ്സിലായില്ല പ്രസംഗിക്കുമ്പോഴല്ല പ്രവർത്തിക്കുമ്പോ ഇനിയും മനസ്സിലായില്ല മനസ്സിലാവില്ല ഇതൊക്കെ വീട്ടിൽ ചെന്ന് ഒരു ആവൃത്തി കേൾക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതല്ലാതെ ഒരുപാട് ആശയങ്ങളിൽ നിങ്ങൾക്ക് കത്തും ഇപ്പൊ നിങ്ങൾക്ക് കത്തിയില്ലെങ്കിലും കാരണം ചെല്ലുക സ്ലോയാണ് അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ നമ്മള് നല്ലപോലെ ആലോചിച്ച് കൊടുക്കുക നമ്മൾ പോകുന്ന ഒരു വല്ലാത്ത സംസ്കൃതിയിലൂടെയാണ് അപ്പൊ വെറുതും ക്ഷുദ്ര ഈ ജീവികളെ കൊല്ലാൻ എന്തൊരു പണ്ടുള്ളവൻ അടുത്ത ക്ഷേത്രത്തിൽ പോയി പുണ്യാഹമാനിച്ചുകൊണ്ടിരുവോ അടുത്ത പള്ളിയിൽ ചെന്നൊരു അച്ഛനെ കണ്ട് ഒരു വെള്ളം ജപിച്ചു വാങ്ങുവോ അച്ഛൻ അവന്റെ കാസിനകത്ത് വെള്ളത്തിനകത്തേക്ക് വെള്ളം ഒന്ന് മുക്കി കർത്താവിനോട് പ്രാർത്ഥിച്ച് ഈ വെള്ളം കൊണ്ട് കിണറ്റൊഴിക്ക് എന്ന് പറയുകയോ ചെയ്യുമ്പോൾ ഒരു മുസ്ലിം മുല്ല മുല്ലക്കാരിൽ അടിക്കൽ ചെന്നൊരു ടംലറിൽ വെള്ളം ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ കൊണ്ടക്കൊടുത്ത് അതിനകത്തേക്ക് ഒന്ന് കൈമുക്കി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ കൊണ്ടുവന്നൊഴിച്ചാൽ മാറിയിരുന്ന ഈ ജീവജാലങ്ങൾ മനസ്സിലായില്ല അവ ചത്തുപോയോ ഒരെണ്ണത്തിന്റെ പോലും ശവമാ വെള്ളത്തിൽ കാണാനുണ്ടായിരുന്നില്ല അവ എതിരെയാണ് പോയത് ശുദ്ധിയുടെ സങ്കല്പങ്ങൾ വരുമ്പോൾ പോലും മാനവന്റെ സമീപത്തു നിന്ന് ഓടി ഈ ജീവജാലങ്ങൾ അശുദ്ധങ്ങളാകുന്ന വേളകളിൽ മാത്രം ഓടി ഈ ജീവജാലങ്ങൾ അനുഭവില്ല അനുഭവില്ല നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവൻ്റെ അനുഭവങ്ങളെ വിശ്വസിക്കാൻ തയ്യാറായി നിൽക്കുകയും ശാസ്ത്രജ്ഞൻ്റെ അനുഭവങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂന്ന് ശാധ്യം പിടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ചെന്ന് ആ ബുക്ക് സ്റ്റാളിൽ നിന്ന് അഗ്നി പുസ്തകം വാങ്ങിച്ച് അതിൻ്റെ അഞ്ചോ ആറോ പേജ് മറിച്ചിട്ട് അതിനകത്ത് നിങ്ങളുടെ ശാസ്ത്രജ്ഞനായ പ്രസിഡന്റ് അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാമേശ്വരത്ത് അമ്പലത്തിനടുത്ത് പതിവായി പൂജാരിയോട് സംസാരിക്കുകയും സ്നേഹമായി വാക്കുകൾ മൊഴിയുകയും ചെയ്ത ആ പിതാവ് അയാളുടെ വീട്ടിലേക്ക് വെള്ളവുമായി വരുന്നവർ കൊണ്ടിരുന്ന വെള്ളത്തിൽ കൈമുക്കി പ്രാർത്ഥിച്ചു അത് പിടിച്ച് രോഗങ്ങൾ മാറിയിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പേജുണ്ട് മനസ്സിലായില്ല അച്ഛനോട് അയാൾ തർക്കിച്ചിരുന്ന നിമിഷങ്ങളുണ്ട് അച്ഛൻ അതിന് പറഞ്ഞ മറുപടിക ഉള്ളത് വായിച്ചിട്ടില്ല മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പോലെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ മരിക്കാതെ എല്ലാ പൊത്തനോ നിങ്ങൾ അങ്ങനെയല്ലേ വെക്കാറുള്ളൂ കാരണം നെനി കഴിഞ്ഞ ആഴ്ച മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വായിച്ചില്ല ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഇരിക്കുന്നവരിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ പറഞ്ഞു ചാപ്ത് ശരിയാണ് ഏപ്രകത്ത് അപ്പൊ പണ്ടുകാലത്ത് ഈ ജീവജാലങ്ങൾ ഒഴിഞ്ഞു പോയിരുന്നത് അങ്ങനെയാ ഇന്ന് അതിനകത്ത് നിങ്ങൾ പൊട്ടാദ്യം ബ്രഹ്മാങ്കരന്റെ അല്ലെങ്കിൽ മറ്റു വിഷവസ്തുക്കളോ ഇടുമ്പോൾ ആ ജീവനെ ഹനിക്കാൻ അത്രയും വിഷം മതിയാകുമെങ്കിൽ നിങ്ങളുടെ കോശ കോശാന്തരങ്ങളിലെ സൂക്ഷ്മ ജീവനെ ആ ചത്തജീവിയുടെ ശവവും നിങ്ങൾ വിഷവും ചേരുമ്പോൾ എന്തായിത്തീരും ും തന്നെ മനസ്സിലായെന്നറിയില്ല കുടിക്കാനുള്ള വെള്ളത്തില് വന്നിരിക്കുന്ന അണുങ്ങളെ അവയുടെ ജീവസ്സുകളെ കൊല്ലാൻ പര്യാപ്തമായ വളരെ ചെറിയ അളവിലുള്ളൊരു വിഷം സയൻസ് അംഗീകരിച്ച അളവിലുള്ള വിഷം മനസ്സിലായി വലിയ മനുഷ്യന്റെ ശരീരത്തിൽ അപകടം ഉണ്ടാക്കുകയില്ല എന്ന ഹൈപ്പോത്ത സയൻസ് അംഗീകരിച്ചിത്ര വിഷം ചേർക്കാമെന്ന് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിഷം മനസ്സിലായില്ല അത് ചേർത്ത് കൊന്ന ആ ജീവിയുടെ ശവവും അതിൽ ചേർത്ത വിഷവും നിങ്ങൾ പടിപടിയായി കഴിക്കുമ്പോൾ അൽപാൽപമായി നിങ്ങൾ സേവിക്കുന്ന ആ നിങ്ങളുടെ ജനിതക സ്മൃതികളിലെ ആദിമജീവി മുതൽ ഇന്നുവരെയുള്ള സംസ്കാരങ്ങളിൽ ഏതെല്ലാം സംസ്കാരങ്ങളുടെ ആദിഭാവങ്ങളെ ആ വിഷം ഹരിക്കുമെന്ന് പറയാൻ ശാസ്ത്രത്തിൻ്റെ ജനിതക പരിണാമ പ്രക്രിയയുടെ പഠനങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശാസ്ത്രം കുഴിച്ചു കാലം കഴിഞ്ഞു അത് മനസ്സിലായില്ല അത് മനസ്സിലായില്ല എന്നിലുണ്ട് ഇന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ എന്നിലുണ്ട് ഇനിയത്ത വളരും സംസ്കാരങ്ങൾ ഈ വിശ്വതലത്തിന്റെ കർമ്മ ജീവിതം നോകുമ്പോൾ ആത്മാവ് നന്ദിയിടുന്നു എന്ന് കവി പറയുന്ന ശാസ്ത്രത്തിന്റെ സീമന്തരേഖ ശാസ്ത്രജ്ഞൻ അജ്ഞാതമായി പോകുന്നുവെന്ന് മനസ്സിലായില്ല സീമന്തരേഖ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ Karnam എന്നിലിരുന്നു കൊണ്ട് ഈ വിശ്വതലത്തിന്റെ അറിവുകളെ ഒന്നൊന്നായി രൂപപ്പെടുത്തുന്നത് ആദിമജീവി മുതൽ ഞാൻ വരെയുള്ള പരിണാമത്തിന്റെ ശൃംഖലകളിലെ ഇഴകൾ ചേർത്തുവച്ചാണെങ്കിൽ ഞാൻ ഒരു വെള്ളത്തിൽ ഇത്ര വിഷമാകാമെന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ അത് എന്റെ പൂർവ ജനസുകളിലെ ഒരു ജീവിയെ കൊല്ലാൻ പര്യാപ്തമായതാണെങ്കിൽ ആ ജനിതക കലയെ നശിപ്പിക്കുവാനും എന്നെ രോഗാതുരമാക്കുവാനും എന്റെ പാരമ്പര്യ ജനിതകങ്ങളിൽ സംവേദനങ്ങൾക്ക് പകരം വിസംവേദനങ്ങൾ ഉണ്ടാക്കുവാനും പര്യാപ്തമാണെന്ന് ം സമഗ്രമല്ല മനുഷ്യ ഉപയോഗിയല്ല ഇത് വീട്ടിൽ പോലും നല്ലപോലെ ആലോചിച്ച് പഠിക്കണം സയൻസ് പഠിച്ചവരാ സയൻസിനകത്തൂടെ ഇതൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കണം കാറൽ ചിക്കൻ്റെ കോഴിയുടെ കോശങ്ങളെ എടുത്ത് ആ കോശ വിധേയമാക്കുമ്പോൾ ചിക്കൻ്റെ മീഡിയം തന്നെ കൊടുത്ത് അതിന് മുപ്പത്തഞ്ച് കൊല്ലം ജീവിപ്പിക്കുമ്പോൾ നമ്മൾ എത്ര എത്ര ജനിതക കലകളിലൂടെ നമ്മുടെ കോശങ്ങൾ വിഭജനാനന്തര പ്രക്രിയകളിലൂടെ പോകുമ്പോൾ അവയിലേതേത് സംവേദനങ്ങളും ഏതേത് മീഡിയങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും അവ സ്റ്റെം സെല്ലിൻ്റെയും അവാന്തര കോശങ്ങളുടെയും പരിണാമ എന്തൊക്കെ ഭാവങ്ങൾ വഹിക്കുന്നുവെന്നും ഹെയർ ഫ്ലിക്കിനെയും കാറിലിനെയും വെച്ച് നോക്കിക്കണ്ടിട്ട് അതിനകത്തേക്ക് ഈ വിഷാംശങ്ങൾ ആ കോശ സ്മൃതികളുടെ ഏതേത് അംശങ്ങളെ ഏതേത് കലവികളെ നശിപ്പിക്കാൻ പര്യാപ്തമാണെന്ന് കണ്ടിട്ടാണോ മനുഷ്യന്റെ വലിപ്പം നോക്കി സമഗ്രമായ മനുഷ്യത്വത്തിന് കേടുപറ്റില്ല എന്ന് പറഞ്ഞ് ഇത്രയളവിൽ വിഷമാകാമെന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം ആലോചിച്ചു നോക്കണം ഇനിയും പിടിയിട്ടില്ല കൊല്ലാൻ അവനെ ഉപയോഗിച്ച് കിണറ്റിലേക്ക് കൊണ്ട് ഒഴിച്ചത് കൊതിരിന്റെ ലാർവയെ കൊല്ലാനാണ് ചത്ത ലാർവ അതിനകത്തുണ്ട് ഭക്ഷണത്തിൽ പെടാൻ മനസ്സിലായില്ല അതിനകത്തേക്കിട്ട വിഷം അതിനോടൊപ്പമുണ്ട് ഒഴിച്ച പുണ്യാകത്തിൽ വിഷവുമില്ല കൊതിരിന്റെ ലാർവയെ കാണാനുമില്ല മാനവ സങ്കല്പങ്ങളെ കൊണ്ട് പരിണമിപ്പിക്കുവാൻ കഴിയുന്ന സൂക്ഷ്മോപജീവികളെ അഹിംസയുടെയും അസ്ഥയത്തിൻ്റെയും അന്യഥാകാമം ഇല്ലാത്തതിന്റെയും അനന്യഥാ കാമത്തിൻ്റെയും ലോകങ്ങളിലൂടെ അപൈശുനത്തിന്റെയും അപരുഷത്തിന്റെയും ഒക്കെ ലോകങ്ങളിലൂടെ കൊണ്ടുപോയാൽ മാറിപ്പോകാവുന്ന ആ ജീവജാലങ്ങളെ മുഴുവൻ മനുഷ്യൻ അവന്റെ ഹിംസ കൊണ്ടും സ്തേയം കൊണ്ടും അന്യഥാകാമം കൊണ്ടും പൈശുനം കൊണ്ടും പരുഷം കൊണ്ടും അനധം കൊണ്ടും സമ്പിന്നാലാഭം കൊണ്ടും വ്യാപാദം കൊണ്ടും അവിദ്യ കൊണ്ടും ദൃഗ്വിപര്യം കൊണ്ടും ആവാഹിച്ചാനയിച്ചു കൊണ്ടുവന്ന് അവൻ തന്നെ ആ ജീവസുകളിൽ വിഷം കലർത്തി അവയെ കൊല്ലുന്നത് കണ്ട് ആ ഹിംസാത്മകമായ പ്രകൃതിയുടെ അവാന്തര പ്രകൃതിയിൽ ആ ശവവും വിഷവും ആവധിച്ച് ഒരനന്തര പ്രകൃതിയിലെ വിസ്മയ രോഗങ്ങളായി മാറുമ്പോൾ ശാസ്ത്രജ്ഞനും ശാസ്ത്രവും മനുഷ്യനും ഒന്നിച്ച് വഹയ്ക്കുന്ന നിമിഷങ്ങളിൽ ഈ എന്ത് മാറ്റമാണ് പൂർവ്വ സൂരികൾ തന്ന അറിവിൻ്റെ അന്തരാളങ്ങളിലാണ് ആരോഗ്യവും ആനന്ദവും കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ആയുസ്സിന്റെ അസുലഭ സൗഭാഗ്യങ്ങളിലേക്ക് മാനവചേതനയെ എത്തിക്കുവാൻ അത് പര്യാപ്തമാകുമായിരുന്നു ഇന്ന് മനുഷ്യൻ നടത്തുന്ന പരീക്ഷണവും നിരീക്ഷണവും മുഴുവൻ ഈ സൂക്ഷ്മോപജീവികൾക്ക് മേൽ മാത്രമാണ് ആ നേരത്തവൻ തിരിഞ്ഞ് അവന്റെ മനസ്സിന്റെയും ആ ശാസ്ത്രകാരന്റെ മനസ്സിന്റെയും ഭരണാധികാരിയുടെ മനസ്സിന്റെയും ഭരണീയന്റെ മനസ്സിന്റെയും മതമേതൃ നേതൃത്വത്തിന്റെ മനസ്സിന്റെയും അന്തരാളങ്ങളിലെ ഹിംസാത്മകമായ പ്രകൃതത്തിലേക്ക് ഒന്ന് തോച്ചടിച്ചു നോക്കി ആ ഇരുളടഞ്ഞ മൂലകളിൽ എവിടെ നിന്നെങ്കിലും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഹ് ഉന്നതങ്ങളായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മാനവൻ എന്തെന്താരോഗ്യത്തിന്റെ ഇതിഹാസം വിരചിക്കില്ലായിരുന്നു എന്നാണ് ആരോഗ്യശാസ്ത്രത്തിന് പുതിയൊരു പാഠ്യക്രമവും പുതിയൊരു പദ്ധതിയും പുതിയൊരു വഴിത്താരയും വേണ്ടിവരുന്നതിവിടെയാണ് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് അടുത്ത വാസി പറഞ്ഞായിരുന്നു കാരണം നിങ്ങളിൽ പറഞ്ഞിട്ട് തൊഴിലും എന്റെയും തൊഴിലിനോട് മാന്യത പുലർത്തിയാൽ ഈ തമ്മാടിത്തരങ്ങളൊക്കെ അനിവാര്യമാണെന്ന് നമ്മൾ പറഞ്ഞേക്കും ശരിയല്ല ശാസ്ത്ര നിർമ്മാണമാണ് നിത്യമാണ് നിരീകമാണ് കേവലമാണ് സാമാന്യമാണ് അവിടെ ഈ പത്രപ്പാടൊന്നുമില്ല നല്ലപോലെ പോയാൽ ഇരിക്കും അപ്പൊ ദൈവബല പ്രവൃത്തത്തിലെ വിദ്യു ദർശനാധികൃതങ്ങളും പിശാചാധികൃതങ്ങളും അതിലെ പിശാചാധികൃതത്തിലെ കാര്യത്തിൽ മാത്രമാണ് ആധുനിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രവും ഇന്ന് കെട്ടിക്കിടന്ന് കളിക്കുന്നതെങ്കിൽ രോഗം അതിനു മുമ്പ് നിൽക്കുകയാണ് അവസാനം സ്വഭാവബലപ്രവൃത്തം അവരെണ്ണം കൂടി ആദി ദൈവിക ദുഃഖങ്ങളിലെ സ്വഭാവബലപ്രവൃത്തം അത് കാലജം അകാലജം കാലജങ്ങൾ അകാലജങ്ങൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇങ്ങനെയാണ് സ്വഭാവകാലങ്ങൾ ഭാഗ്യകാലമല്ല ഇവിടെ പറഞ്ഞത് സ്വഭാവത്തിലെ കാലം സ്വഭാവം എന്ന് പറഞ്ഞാൽ ആഹാര നീഹാര മൈഥുന നിദ്രകൾ ഇത്രയും സ്വഭാവമുള്ളൂ അത് ആരോഗ്യത്തിനുതകണമെങ്കിൽ അയത്ന ലളിതമായി കിട്ടണം വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനും തിരിച്ചറിവ് ജീവജാലങ്ങൾക്കും ഇത് അയത്നലിതമായി പരിഷ്കാരിയായ മനുഷ്യൻ ഈതോർത്ത് മാത്രം ദുഃഖിക്കുന്നവനും രോഗിയുമായി തീരുന്നത് അവന്റെ അഹന്തയും പടിപ്പും മാത്രമാണ് ലോകത്തിലേത് ജീവി എടുത്താലും ആഹാര നിഹാര മൈഥുന നിദ്രകൾ അയത്ന ലളിതങ്ങളാണ് ശരിയല്ല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എല്ലാ പഠിപ്പും എല്ലാ പദ്ധതികളും എല്ലാ കൂട്ടായ്മകളും എല്ലാ കൂട്ടിവയ്ക്കലുകളും എല്ലാ കിഴിക്കലുകളും എല്ലാ കൊടുക്കവാങ്ങലുകളും ആകെ ഈ നാല് കാര്യത്തിൽ ഇസ് ഇറ്റ് റൈറ്റ് അതിന് വെളിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എത്ര കൊല്ലാണ് എത്ര പേരാണ് ഇരുന്ന് നിരങ്ങി പഠിച്ച് എന്തെല്ലാം തിയറികളാണ് ഉണ്ടാക്കുന്നത് ഈ തിയറികൾ മുഴുവൻ ഉണ്ടാക്കി ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഭാഗികമായോ പൂർണമായോ പ്രാവർത്തികമാക്കിയെന്ന് അതിൻ്റെ അപ്പസ്തോലന്മാരും അനുയായികളും ആക്രന്തനം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഈ നാല് കാര്യങ്ങളിൽ മനുഷ്യൻ സ്വൈരസഞ്ചാരിയായി അനുഭവിക്കുന്നുവോ നോക്കിയാൽ ഈ പഠനങ്ങളുടെ വെളിയിൽ ഏതോ അറിവില്ലാത്തവന്റെ അന്തരീക്ഷങ്ങളിൽ മാത്രമാണ് ഇത് ചാരുതയോടെ അനുഭവിക്കുന്നതെന്ന് ബോധ്യമാവും വെട്ടികളുടെ സ്വർഗങ്ങൾ ഇതെങ്കിലും കടന്നുപോയെന്നും പറ ശ്രദ്ധിച്ച് മനസ്സിലായിരുന്നു ആഹാരം നിങ്ങൾ എത്ര വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര അതിർപ്തികൾ ജനിപ്പിച്ചിട്ടുണ്ട് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ആഹാരം എടുത്താലും നിങ്ങൾ കരിക്കുന്ന ആഹാരം എടുത്താലും നിങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ വലിച്ചു കേറ്റാൻ വേണ്ടി നിങ്ങൾ നടത്തിയ യുദ്ധങ്ങളെക്കാൾ പെരുത്ത സംഘർഷങ്ങൾ നിങ്ങളുടെ അടുക്കളകൾ നിങ്ങളുടെ തീന്മേശകൾ നിങ്ങൾ പോയിരുന്ന് കഴിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ കഴിക്കുന്ന രീതി നിങ്ങളുടെ ഇടപാടുകൾ എല്ലാം വളരെ പ്രാകൃതനായൊരു യോദ്ധാവിൻ്റെ എല്ലാ അംഗവിക്ഷേപങ്ങളും എല്ലാ ചലനങ്ങളും എല്ലാ ഭാവദികളും എല്ലാ ഗോഗ്വാവിളികളും എല്ലാ ആയുധങ്ങളും നിറഞ്ഞതായിരുന്നില്ലേ ആരോഗ്യം നിങ്ങൾക്കെന്നാണ് സ്വപ്നം കാണാൻ കഴിയുക നിങ്ങൾക്കത് മരുമരീചുകയല്ലേ തന്നെ മനസ്സിലായില്ല ആത്മാർത്ഥമായി അകത്തേക്ക് നോക്കി ഒരു തേൻ തീന്മേച്ചയുടെ അടുക്കലിരുന്ന് ആഹാരം നിങ്ങൾ അന്നവും അന്നത്തത്തോടൊപ്പമുള്ള പദാർത്ഥങ്ങളും ആരോ പണിയെടുത്ത് ആരോ അധ്വാനിച്ച് ആരോ ഉണ്ടാക്കി അവന് നിങ്ങളിൽ നിന്ന് അഞ്ചു പൈസയുടെ പ്രയോജനമില്ലാതിരിക്കുക അവൻ ഉണ്ടാക്കിയത് ആരോ പാചകം ചെയ്തത് ആരോ വിളമ്പി പാത്രങ്ങളിലാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുനിഞ്ഞു വെച്ച് നിങ്ങൾ കഴിക്കുന്ന പാത്രവും കഴുകി പോകുമ്പോൾ കൂടാതെ എനിക്കറിയാം ആനന്ദം എവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതി അവിടെ വേറെ പലരും എഴുന്നേൽക്കാൻ തോന്നുന്നുണ്ട് കൂടെ ഇരിയവിടെ ആ എനിക്ക് മനസ്സിലായത് ഇതി അവിടെ ഇരി ആ മേശപ്പുറങ്ങളെയും നിങ്ങളുടെ മനസ്സുകളെയും നിങ്ങൾക്ക് വിളമ്പിത്തരുന്ന മനസ്സുകളെയും ഒരു യുദ്ധത്തിന്റെ സങ്കീർണങ്ങളായ ലോകങ്ങളിലേക്ക് ഒരു യുദ്ധഭൂമിയിലേക്ക് വലിച്ചു വയ്ക്കുന്ന മാനവ മനസ്സിനാണ് ആരോഗ്യം സ്വപ്നം കാണാൻ കഴിയുക ചോദ്യം മനസ്സിലായില്ല ഇസ് ഇറ്റ് റൈറ്റ് തൃപ്തിയായ എടുത്തു കഴിക്കാൻ നന്നായെന്നൊന്ന് പറയാൻ തരുന്നവനെ ഒന്ന് സാധിക്കാൻ വാക്കുകളും വർണ്ണങ്ങളും മനോഭാവങ്ങളും കൊണ്ട് മനോഹാരിത നിറഞ്ഞ ഒരു മുഹൂർത്തത്തിൽ ചെല്ലുന്ന ആഹാരം അത് നാല് വിധത്തിൽ പഠിച്ച് ജീവിതത്തിന്റെ ഓരോ ഭാവങ്ങളായി കണ്ണും കാലും കയ്യും ഇവയൊക്കെ ആരോഗ്യമായി രൂപാന്തരം പ്രാപിച്ചു വരേണ്ടുന്ന ആഹാരത്തെ തൃപ്തിപൂർവം കഴിക്കാതെ അറിവുള്ളവൻ അതിനെ പടപ്പുഴപ്പാടിന്റെ രംഗവേദികളിലേക്ക് മാറ്റിക്കൊണ്ടുപോയിട്ട് എന്തു മരുന്ന് കഴിച്ചാണ് നിങ്ങൾ രക്ഷപ്പെടുക ജീവിതത്തിൽ ആരോഗ്യം വേണമെങ്കിൽ കാണാനും അതിനെ ആനന്ദത്തോടെ ആസ്വദിക്കാനും അത് കിട്ടാനിടയായ മുഹൂർത്തങ്ങളെ ഉത്തമമായി സ്മരിക്കാനും സ്മരണയുടെയും ബുദ്ധിയുടെയും ക്ഷമയുടെയും കലവികളിൽ ആഹാരത്തിന്റെ സർവാംഗീണമായ പചന പ്രക്രിയയെ ആന്തോളനത്തിലെത്തിക്കുവാനും കഴിയുന്ന അസുലഭ സൗഭാഗ്യവാന്മാർക്ക് മാത്രമേ ആരോഗ്യം പ്രതീക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമെന്നോ പറ്റില്ലെന്നോ ആലോചിച്ചെടുത്തുള്ള ഒരു നിമിഷം ആലോചിച്ച് നോക്കി എന്നിട്ട് മരുന്നൊക്കെ മേടിച്ച് കൂട്ടിക്കഴിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നേരം വണ്ണം കുടിക്കാൻ ശരിയല്ല ചോറെങ്കിലും മര്യാദക്ക് കഴിക്കാൻ വിധിച്ചിട്ടില്ലെങ്കിൽ എന്തിനീ ജാടയല്ല മനസ്സിലായില്ല സ്വഭാവനിയതമായ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ആഹാരവും നീഹാരവും ഓരോന്നും കൂടു കൂടുതൽ സൂക്ഷ്മമാണൊന്നും ഇരിക്ക നീഹാരം വെള്ളം കാരണം ജലം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലെ ആ മനസ്സ് വരുന്നത് മനസ്സ് എങ്ങനെ വരുന്നു അങ്ങനെയാണ് ജലം വരുന്നത് ജലത്തിൻ്റെ മാത്രം ക്രിസ്റ്റലിനൊരു പ്രത്യേകതയുണ്ട് അത് നിയത സ്വഭാവമില്ല പഠിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു എട്ടാം ക്ലാസ് കൈകാര്യം ചെയ്യുന്നവന്റെ മനസ്സ് പോലെ അതിൻ്റെ സ്വഭാവം ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിലെ രാഗത്തിനനുസരിച്ച് അതിന്റെ ക്രിസ്റ്റലിന്റെ രൂപം കൈകാര്യം ചെയ്യുന്നവന്റെ മനസ്സിന്റെ ഉത്തമവും അഥമവുമായ ഭാവമനുസരിച്ച് ജലം മാറും അതുകൊണ്ടാണ് ജലം ശുദ്ധീകരണ പ്രക്രിയയുടെ ആദി സ്രോതസ്സായി ഭാരതം കണക്കാക്കിയിരുന്നത് അതുകൊണ്ടാണ് ജപിച്ചു കൊടുക്കുമ്പോൾ മാറുമെന്നവർ വിശ്വസിച്ചത് മനസ്സിലായില്ല തലത്തിലേക്ക് ഉയർന്ന മനസ്സാകണം ഞങ്ങൾ ഇടതുപോലൊരു കാര്യം കൊടുക്കാ പോരാ ഇത് അമ്പത് വയസ്തവിടുന്ന കലക്കി കൊടുക്കാം ുപ്പി വെള്ളമൊന്നും കൊണ്ടുണ്ട ഇതൊന്നും പോരാ മനസ് മുക്കണം മനസ് മുക്കണം അല്ലാതെ വീപ്പയ്ക്കകത്ത് ജാതി കിളക്കിട്ട് മുണ്ടു മുക്കിയാ മാത്രം പോരാ ആളേറക്കി മുക്കിയാലും പോരാ മനസ് മുക്കണം സ്ഥിതി പഴയ അച്ഛന്മാര് വളർന്നു വരുമ്പോ പറയും കത്തോലിസിസത്തില് ദാരിദ്ര്യം ബ്രഹ്മചര്യം അച്ചടക്കം വേണ്ട മനസ്സിലായില്ല എന്നും വേണ്ട അതൊക്കെ ഉണ്ടാവും മനസ്സ് പരിശുദ്ധമാവും ആ ശുദ്ധതയുടെ ആദിമ സ്രോതസ്സുകളിൽ ജലം പരിണമിക്കുന്നു ആ ജലം പൊതുജീവനം തരും അത് ജ്ഞാന സ്നാനത്തിനുതകും മനസ്സിലായില്ല കാരണമാലം ജീവനമാണ് ബാപ്റ്റിസ്റ്റ് ജോൺ അതാ പഠിപ്പിക്കുന്നത് നാരദൻ അതാ പഠിപ്പിക്കുന്നത് നാരം ആത്മവിഷേകം ജ്ഞാനം നാരം ജലം ദാനം ചെയ്യുന്നവൻ നാരദൻ ജലം കൊടുക്കുന്നവൻ നാരദൻ മനസ്സിലായില്ല ഒരുപാടൊന്നും കൊടുക്കണ്ട ജലം കൊടുത്താൽ മതി അതിൻ്റെ പവിത്രതയുടെ നിത്യാങ്കുരങ്ങളിലേക്ക് മനസ്സിനെ ആവാഹിക്കാൻ കഴിയണം ആഹാരത്തെക്കാൾ സൂക്ഷ്മമാണ് നീഹാരം അതിനേക്കാൾ സൂക്ഷ്മമാണ് മൈഥുനം ഏറ്റവും വലിയ യുദ്ധവും ഏറ്റവും വലിയ ബഹളവും ഏറ്റവും ഹിംസാത്മകവും ഏറ്റവും വലിയ പീഡനവും ആയി മാനവന്റെ മൈഥുന മാറിയിട്ടുണ്ടെങ്കിൽ അവൻ മൃഗത്തെക്കാൾ എത്രയോ അകപ്പവച്ചിരിക്കുന്നു മന്ത്രിയും തന്ത്രിയും എല്ലാം ഈ കഥകൾ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ അതിനെ വിസ്തരിക്കാതെ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതായതുകൊണ്ട് അചിരേണ നിങ്ങളുടെ ഭാവാത്മകമായ ചിന്തയുടെ ബോധധാരയിലേക്ക് കാക്കയും ആ കാമവും പറഞ്ഞതുപോലെ വിട്ടാൽ മതിയാവും മതിയാവും മതിയാവും മാത്രമല്ല സന്യാസി ചിച്ചി പറഞ്ഞുവെന്ന് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയില്ല കാലജങ്ങളും അകാലജങ്ങളുമായ ആഹാര നീഹാര മൈഥുന നിദ്രകൾ എന്തെന്ത് വിഷമതകളാണെന്ന് ഉറങ്ങാൻ പാന് എസി റൂമ് കുറലോൺ ബെഡ് കുറലോൺ പില്ലോ ഇതുകൊണ്ടൊക്കെ ഉറങ്ങുന്നുണ്ടോ ചോദ്യം മനസ്സിലായില്ല എന്തെന്ത് സമ്പാദിച്ചു കൂട്ടി നേരം കിടങ്ങുറങ്ങാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ആ തലേണകളിൽ കയ്യമർത്തി വലിച്ചു കീറുമ്പോൾ ുളിവീഴിക്കുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിയുകയും മളിയുകയും കാരിത്തടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ നെതിരെ എന്തൊരു പ്രക്രിയയാണ് തൃഭൂണിത്തറയിലെ തെരുവോരത്ത് കടയടച്ച് പോകാന് നേരത്ത് ഉറങ്ങാത്ത തന്നെ പോലെ തന്നെ ഇവിടെയും കിടന്ന് ആരും ഉറങ്ങരുതെന്നോർത്ത് ഒരു ബക്കറ്റ് വെള്ളം ആ തിണ്ണയിൽ തന്നെ ഒന്ന് പൂശി കടന്നു പോകുന്ന ഉടമസ്ഥൻ പോയി കഴിഞ്ഞ് ആ വെള്ളത്തിൽ തന്നെ ഒരു കടലാസും അതിൻ്റെ പൊക്കത്തിലിട്ട് അതിൻ്റെ നാലോ അഞ്ചോ ദിവസമായി കുളിച്ചിട്ടില്ലാത്ത തന്നെ ഉടുപ്പിച്ചിരിക്കുന്ന ആ നാറിയ വസ്ത്രം വട്ടത്തിൽ വലി പുതച്ച് അവിടെ കിടന്ന് വെളുക്കുവോളം ഉറങ്ങുന്നവൻ്റെ ഉറക്കം കണ്ടിട്ടുണ്ടോ ഇല്ല എത്ര ഭാഗ്യവാൻ ജൗളിക്കടകളില്ലെങ്കിൽ ജുവലറികൾ തുടങ്ങിയില്ലെങ്കിൽ ബ്രഹ്മചര്യത്തെ പറ്റി അഹന്തയില്ലെങ്കിൽ ഭാര്യയും പിള്ളേരും ഒക്കെ വൻ നരകളിലാണെന്ന് മക്കൾ അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനൊക്കെ അപ്പുറം ആ കടത്തിനൊടുങ്ങി കൂടിക്കിടന്ന് മഞ്ഞും തണുപ്പും വെയിലും അറിയാതെ ഉറങ്ങാൻ കഴിയുന്ന മസ്തിഷ്കത്തിന് ശാന്തി ലഭിക്കുന്ന അവന്റെ ശാന്തി ലഭിക്കാതെ ക്യൂബിൽ നിന്ന് ഉറക്ക കുടികയും വാങ്ങിച്ചടിച്ച് പകല് വാവര് പോകുന്നത് പോലെ പോകേണ്ടി അന്തരാളങ്ങളിൽ ഈ എന്ത് ആരോഗ്യമാണുള്ളത് എന്ത് ആരോഗ്യമാണ് അവന് പ്രതീക്ഷിക്കാവുന്നത് ഇനി നിങ്ങൾ ആഗ്രഹിക്കൂ ഇത് എഴുതി വെച്ചവൻ എത്ര കേമനാണ് ഇതിന്റെ സൂക്തങ്ങളൊന്നും ഇന്ത്യഴുതിയതല്ല ഇന്നത്തെ മനുഷ്യനും അവന്റെ അപ്പൻ അപ്പുപ്പന്മാരും പത്തോ അറുപതോ തലമുറകൾ കപ്പുറം ജനിക്കുന്നതിന് മുമ്പ് എഴുതാൻ കഴിഞ്ഞ ഋഷി സൂക്തത്തിന്റെ വലിപ്പം നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കിന്നും കൈവന്നു പോകും നിഷേധിക്കുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കും എവിടെയാണ് സുശ്രുതൻ രോഗങ്ങളെ ആധ്യാത്മികങ്ങൾ ആദി ഭൗതികങ്ങൾ ആദി ദൈവികൾ എന്ന് പറയുന്നത് വാഗ്ഭടൻ ഇതിനെ എങ്ങനെ കാണുന്നു എന്നോട് കണ്ടിട്ട് വേണം ക്യാൻസറിനെ കാണാൻ സമയം വാഗ്ഭടൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇപ്പൊ ചരകൻ വാഗ്ഭടൻ ഇവരൊക്കെ രോഗത്തിൻ്റെ ആഗമനത്തെ വളർച്ചയെ വികാസത്തെ പരിണാമത്തെ അതിൻ്റെ പൂർവരൂപത്തെ അതിൻ്റെ സൈദ്ധാന്തികതയെ അതിൻ്റെ നിദാനങ്ങളെ ഒക്കെ എങ്ങനെയെല്ലാം കണ്ടുവന്ന് കണ്ടുകൊണ്ടുവേണം ക്യാൻസർ എന്ന ഒരു രോഗത്തെ രോഗമാണോ അതല്ല അതൊരു വാർദ്ധക്യമാകുന്ന പ്രക്രിയയാണോ അത് കോശങ്ങളിൽ വരുന്നൊരു സംഭ്രമമാണോ എന്നൊക്കെ അളന്നും തൂക്കിയും പഠിക്കാൻ ടുത്ത ക്ലാസ്സില് ബാക്കി കാണാം ഇന്ന അവസാനത്തെ ഇത്രയൊക്കെ വിശദമായി പഠിക്കണം വിശദം വിശദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ പോരേന്നും ആലോചിച്ചോളൂ അടുത്ത ക്ലാസ്സിൽ ഇന്ന അവസാനം നാരായണം നമസ്കൃത നരം ദേവനടോത്തമം ദേവി സരസ്വതി വിന്യാസം കതോജയ മുടിലേ ഹരിജീവൻ ഇതിലെ ഈ കാലഘട്ടത്തിലെ ഉദാഹരണമൊക്കെ എന്റെയാണ് പിഴവുണ്ടാവുക പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പൂർവികരുടേതാണ് അതിൽ പിഴവ് വരില്ല